സന്മാർഗം വ്യക്തമായി കഴിഞ്ഞിട്ടും ആരെങ്കിലും റസൂലിനെ എതിർക്കുകയും സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത മറ്റൊന്നിനെ പിന്തുടരുകയും ചെയ്താൽ അവൻ തിരിഞ്ഞതെങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് നാം അവനെ വിട്ടുകൊടുക്കും അവനെ നരകത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും അത് എത്ര മോശമായൊരു മടക്കസ്ഥാനമാണ്